ഓരോ ആത്മാവിനെയും അവൻ സമ്പാദിച്ചതനുസരിച്ച് നിയന്ത്രിക്കുന്നവൻ മറ്റുള്ളവരെപ്പോലെയാണോ എന്നാൽ അവർ അള്ളാഹുസുബഹാനുഹുവറ്റായക്ക് പങ്കാളികളെ ഉണ്ടാക്കി പറയുക നിങ്ങൾ അവരെ പേരുചൊല്ലിപ്പറയൂ അതോ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ അവനറിയാത്തത് നിങ്ങൾ അവനെ അറിയിക്കുകയാണോ അതോ വെറും വാക്കുകൾ മാത്രമാണോ മറിച്ച് സത്യനിഷേധികൾക്ക് അവരുടെ തന്ത്രങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടു അവർ നേർവഴിയിൽ നിന്ന് തടയപ്പെട്ടു അള്ളാഹുസുബാനുഹുവറ്റ ആല ആരെ വഴിപിഴപ്പിക്കുന്നുവോ അവന് വഴികാട്ടിയാരുമില്ല